താങ്കൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിലേക്ക് മുഖം തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അവിടേക്ക് മുഖംതിരിക്കുക അങ്ങനെയാകുമ്പോൾ അവരിലെ അക്രമികൾ ഒഴികെ മറ്റാർക്കും നിങ്ങൾക്കുമേൽ യാതൊരു തെളിവുമുണ്ടാകുകയില്ല അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല എന്നെ ഭയപ്പെടുക നിങ്ങളുടെ മേൽ എന്റെ അനുഗ്രഹം പൂർത്തിയാക്കാനും നിങ്ങൾ സന്മാർഗം പ്രാപിക്കാനും വേണ്ടിയാണിത്